തേജോമഹീഷ വിശി സമഗ്രസീർത്തേ നമസ് ശരീന്ദ്രജൂ ജ്യോലി ദക്ഷിണാമൂർത്തിശം ശബ്ദിത്തമാക്കം തദ്ദേശിതം ൃതഗമിനാ വിദുഷ്ണിമഹാമോഹാദായമത്സമോ ചിന്ത്രാത്മനി യുടെ സിദ്ധാന്തി പറയുന്നത് ജ്ഞാനം ആത്മാവാണ് പുറോക്ഷി പറയുന്ന എല്ലാ ജ്ഞാനം ആത്മാവിന്റെ ഗുണമാണ് ആത്മാവിന്റെ ഗുണമാണെന്നുള്ളതിനാണ് അനുമാനം നടത്തിയത് ഘടകജ്ഞാനയോഗ സംബന്ധ ഗുണനിഷ്ഠ ജ്ഞാനനിഷ്ഠത്വ സത്താവ ഘടവും ജ്ഞാനവും തമ്മിലുള്ള സംബന്ധം ഘടത്തിലും ജ്ഞാനത്തിലും ഇരിക്കുന്നു അത് ഗുണനിഷ്ഠമാണ് ഘടം ഗുണമല്ല പിന്നെ ശേഷിക്കുന്ന എന്താണ് ജ്ഞാനം അത് ഗുണമായാലേ ഗുണനിഷ്ഠത്വം വരത്തുള്ളൂ അപ്പം ഈ അനുമാനത്തിലൂടെ ജ്ഞാനം ഗുണമാണെന്ന് ശ്രദ്ധിക്കും എന്ന ഘടകും തമ്മിലുള്ള സംബന്ധം ഗുണനിഷ്ഠമാണെങ്കിൽ ജ്ഞാന ഗുണമായാലേ പറ്റൂ ജ്ഞാന ഗുണമാണ് ഞാനത്ത് ഗുണമായി സ്വീകരിച്ചില്ലെങ്കിൽ പക്ഷേ അഹം ജാനാമി എന്ന് പറയുന്ന പ്രത്യേകത്തിന് ആലംബനം ഇല്ലാതായി ഗുണമായതുകൊണ്ടാണ് അഹം ജാനാമി തന്നൽ ഗുണാശ്രയത്വം അനുഭവത്തിൽ അപ്പം ജാനാമി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാലും ഞാനം ഇരിക്കുന്ന ഒന്നാണ് എന്നാലും ജ്ഞാനവാൻ അഹം രണ്ടായാലും ഞാൻ ആശ്രയത്വം വരുന്നു അപ്പം ജ്ഞാനം ഗുണമായാലേ വരുത്തണം ഗുണമായി സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ജാനാമി എന്ന് പറയുന്ന അനുഭവത്തിന്റെ ആശ്രയം എന്താണെന്ന് പറയേണ്ടത് സ്വയം ഞാനും പിന്നെ അഹം ജാനാമി എന്ന പറയും വിധി ചെപം പറയുന്നു അങ്ങനെ നിങ്ങളൊരനുമാനം നടത്തുകയാണെങ്കിൽ ഞങ്ങളും തരാൻ ഒരനുമാനം സിദ്ധാന്തി പറയുന്നു രൂപത്വജ്ഞാനിയോ സംബന്ധോ ദ്രവ്യനിഷ്ഠോ ജ്ഞാനനിഷ്ഠത്വ സത്താവുമാനം കൊണ്ട് കളിക്കുകയാണെങ്കിൽ ഇതാ ഒരു സപ്രതിപക്ഷ അനുമാനം െന്താണ് പക്ഷം രൂപയോ സംബന്ധ സാധ്യമെന്താണ് ധ്രുവീനിഷ്ഠ ഹേതു ജ്ഞാനനിഷ്ഠത്വ ദുഷ്ടാന്തം സത്വ സപ്ത അധിഷ്ടാന്തത്തിൽ ഹേതു കൊണ്ടുവന്നു പക്ഷത്തിൽ അതിഹേതു കൊണ്ടുവന്ന് നോക്കുക രൂപജ്ഞാനസംബന്ധം രൂപവും ജ്ഞാനവും തമ്മിലുള്ള സംബന്ധം അതിൽ ജ്ഞാനനിഷ്ഠത്വം വരുമെന്ന് നോക്കണം രൂപവും ജ്ഞാനവും തമ്മിലുള്ള സംബന്ധം രൂപനിഷ്ഠവുമാണ് ജ്ഞാനനിഷ്ഠവുമാണ് അതുകൊണ്ട് അതിൽ ജ്ഞാനനിഷ്ഠത്വം വരും സംബന്ധത്തിൽ ജ്ഞാനനിഷ്ഠത്വം വന്നു എന്ന് പറഞ്ഞാൽ പക്ഷത്തിൽ ിഷ്ടാന്തുകൊണ്ടോന്ന് നോക്കുക സത്തോ സത്താനിഷ്ഠമാണോ എന്തുകൊണ്ട് സത്തായിൽ എന്തുവരുന്നു ഇനി അവിടെ സാധ്യമുണ്ടോന്ന് നോക്കുക സത്തായിൽ ദർവ്യനിഷ്ഠത്വം വരണം സത്ത എന്ന് പറയുന്നത് ദ്രവ്യനിഷ്ഠമാണ് ദ്രവ്യത്തിൽ ഇരിക്കുന്നുണ്ട് സത്ത ദ്രവ്യത്തിലുണ്ട് ദ്രവ്യ ഗുണകർമ്മം മൂന്നിനുണ്ട് സത്ത ദ്രവ്യനിഷ്ഠം അപ്പോൾ ഇവിടെ രൂപജ്ഞാന സംബന്ധത്തിൽ ദ്രവ്യനിഷ്ഠത്വമുണ്ട് അപ്പോ രൂപജ്ഞാനവും രൂപവും ജ്ഞാനവും നമ്മളെ സംബന്ധത്തിൽ എന്താണോ ദ്രമേനിഷ്ഠം എന്ന് പറഞ്ഞാൽ രൂപവും ഞാനും തമ്മിലുള്ള സംബന്ധം രൂപനിഷ്ഠവുമാണ് ജ്ഞാനനിഷ്ഠമാണ് രണ്ടുമാണ് രും ഞാനും തമ്മിലുള്ള സംബന്ധം രൂപനിഷ്ഠവുമാണ് അതില് രൂപം ദ്രവ്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അതെല്ലാരും സംബന്ധിച്ചവ്യമല്ല രൂപം ഗുണമാണ് ജ്ഞാനത്തിന്റെ കാര്യത്തിലാണ് സംശയം സംശയമുള്ളത് അപ്പം പറയുന്നു എന്താണ് അവിടെ ജ്ഞാനസംബന്ധത്തിൽ ദ്രവ്യനിഷ്ഠത്വമാണ് എന്നു പറഞ്ഞാൽ ജ്ഞാനസംബന്ധം ദ്രവ്യനിഷ്ഠമാണ് അങ്ങനെയാണെങ്കിൽ ജ്ഞാനദ്രവ്യമായേ പറ്റും നിങ്ങളുടെ അനുമാനത്തിലൂടെ ജ്ഞാനത്തെ ഗുണമൊന്ന് സമ്മർദ്ദിച്ചെങ്കിൽ ഞങ്ങളിത് ജ്ഞാനത്തിലൂടെ എന്ത് ചെയ്യുന്നു അതിർമ്മമാണെന്ന് പറ മനസിലായോ അപ്പൊ ഇത് ഇത് സിദ്ധാന്തത്തിന് ശരിക്കും അവര് വേറെപക്ഷം കൊണ്ടുവരു അല്ല ഇത് ഒരു അനുമാനം പറഞ്ഞു അപ്പൊ അവന് സപ്രതിപക്ഷം പറഞ്ഞപ്പോ ആ അനുമാനം പോയി പിന്നെ ഇനി അടുത്തെന്താണെന്നുണ്ടോ വേറെ പ്രശ്നം പ്രതിപക്ഷം വരുമ്പോൾ ആദ്യത്തെ അനുമാനം പോയി ആദ്യത്തെ അനുമാനമനുസരിച്ച് ഞാന ഗുണമാണ് ഈ അനുമാനമനുസരിച്ച് ഞാനത് ദ്രവ്യമായി അപ്പൊ അവർ അനുമാനം കടയേണ്ടി വരും ഏത് ആദ്യത്തെ അനുമാനം അനുമാനത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ അനുമാനത്തിനുപയോഗിച്ച അതേ വ്യക്തിയനുസരിച്ച് എന്ത് ചെയ്തു സപ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അനുമാന പ്രയോഗം നടത്തി എന്ത് നിഷേധിക്കാം എന്ത് സാധിക്കാം ഈ അനുമാനത്തിൽ അർത്ഥമില്ലെന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ അനുമാനം നടത്തിയിട്ട് എന്തെങ്കിലും കാര്യം സാധിക്കാൻ പോയാൽ അതിന് ഇറങ്ങി പുറപ്പെടുന്നു എന്തുകൊണ്ട് അതേപോലെ തന്നെ സപ്രതിപക്ഷം ഇവിടെ പദങ്ങൾ മാറ്റിയാൽ നേരത്തെ എന്തു പറഞ്ഞോ ഘടത്തെജ്ഞാനയോ സംബന്ധമെന്നാക്കി ഇവിടെ ഒരു ചെറിയ മാറ്റം വരുത്തി രൂപതജ്ഞാനയോ സംബന്ധം ദ്രവ്യമല്ല എന്നുള്ളത് സർവസമ്മതമാണ് ഇവിടെ ഇപ്പൊ ഒരു തർക്കം വന്നത് ജ്ഞാനത്തിന്റെ കാര്യത്തിലാണ് ഇപ്പൊ ജ്ഞാനസംബന്ധം എന്ന് വെച്ചാൽ ജ്ഞാനത്തിലിരിക്കുന്ന സംബന്ധം ദ്രവ്യനിഷ്ഠമാണെന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്താവണം ദ്രവ്യമാണ് വടക്ക് ലഘുവായി അപ്പൊ ഞാനും ദ്രവ്യമായി കഴിഞ്ഞാൽ താർക്കീന സമ്മതമാവും താർക്കിന് സമ്മതി ഞാനും ഗുണമാണ് വെളുക്കാന് തേച്ചത് ഇപ്പാണ്ടായി ഗുണമാണെന്ന് സമ്മർദ്ദിക്കാൻ പോയത് ഇപ്പൊ എന്തായി ഞാനും ദ്രവ്യമായി അതാണ് പറഞ്ഞത് ൂപതജനയോഗ സംബന്ധോ ദ്രവ്യനിഷ്ഠോ ജ്ഞാനനിഷ്ഠത്വ സത്താവധി പ്രതിയോഗ പ്രതിപ്രയോഗ്രയോഗം എന്ന് വെച്ചാൽ സപ്രതിപക്ഷാനുമാനം ഇവിടെ സംഭവിക്കാം ഇങ്ങനെ പോയി കഴിയുമ്പോ ഈ അനുമാനങ്ങൾക്ക് തന്നെ ഒരു വിലയില്ലാതെ ആക്കുകയല്ലേ പറഞ്ഞു പറഞ്ഞു താർഗേനല്ലേ ഈ അനുമാനം കൊണ്ട് പോരുന്നത് അപ്പൊ തർക്കം തന്നെ ഇങ്ങനെ അനുമാനം നടത്താൻ പോയി കഴിഞ്ഞാൽ പിന്നെ അനുമാനത്തിന് തന്നെ വിലയില്ലാതെയാവും വിലയില്ലാതെയാവും എന്നുവെച്ചാൽ അനുമാനം നടത്തുമ്പോൾ വളരെ സൂക്ഷിക്കണം ഏത്തോപാസം വരാതെ സൂക്ഷിക്കണം ഇപ്പം അനുമാനം നടത്തി ഏത്തോപാസം ശരി അപ്പൊ അനുമാനം പോയി പക്ഷെ നേരത്തെ പറഞ്ഞല്ലോ വിപക്ഷേജനാമി പ്രത്യേക നിരാലംബനത്തു പ്രസംഗം അങ്ങനെയൊരു പ്രശ്നങ്ങൾക്കുന്നുണ്ടല്ലോ ജ്ഞാനത്തെ ഗുണമായി സ്വീകരിച്ചില്ലെങ്കിൽ അഹം ജാനാമി എന്ന് പറയുന്ന ഈ അനുഭവം അനുഭവത്തിൽ ജാന ജ്ഞാനത്തിന്റെ ആശ്രയമായി എന്തോ ഒന്നുണ്ടല്ലോ അപ്പൊ ഞാൻ ആശ്രയത്വം ജ്ഞാനത്തെ ഗുണമായി സ്വീകരിച്ചാലേ ആ ഞാൻ ആശ്രയത്വം ദ്രവ്യത്തിൽ വരത്തുള്ളു അഹത്തിൽ വരത്തുള്ളു കാരണം അനുമാനം പോട്ടുകഴിഞ്ഞാൽ അനുഭവത്തിൽ നിന്ന് സംസാരിക്കും താർക്കയും പറയുന്നു അനുഭവത്തിലേക്ക് വരാം നമ്മുടെ അനുഭവത്തിൽ ഞാൻ അറിയുന്നു എന്നാണ് അപ്പം അറിവുണ്ട് അറിവിൻ്റെ ആശ്രയം ഞാനാണ് അപ്പോ ഞാൻ ഒരു ഞാൻ ഒരു ദ്രവ്യമാണ് അറിവ് എന്നിൽ ഇരിക്കുന്നു അപ്പം എന്നിൽ അറിവ് ഗുണമായി ദ്രവ്യത്തെ ആശ്രയിച്ചിരിക്കുന്നതാണ് ഗുണം ഈ അനുഭവത്തെ വെച്ച് നോക്കിയാലും ജ്ഞാനം ഗുണമാണ് ദ്രവ്യത്തെ ആശ്രയിക്കുന്നു ഇത് തന്നെ സമാനം പറയും ജ്ഞാനാമീതിച്ച അനുഭവ അന്ധക്കരണവൃത്തി ആശ്രയ പ്രമാദവിഷയത്തേ അതെന്താണ്മി എന്ന് പറയുന്ന ഒരു അന്ധകരണവൃത്തിയാണ് സംബന്ധിച്ച് എന്താണ് പറയുന്ന ഒരു ഗുണമാണ് ആത്മാവിന്റെ ഇരിക്കുന്ന ഈ നിന്ന് തന്നെ അവർ ജ്ഞാനം ഒരു ഗുണമാണ് ആ ഗുണം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നോ ദ്രവ്യമാണ് അതുകൊണ്ടാണ് അവർ പറയുന്നത് ആത്മാവ് ദ്രവ്യമാണെന്ന് കാരണം ഗുണത്തിൻ്റെ ആശ്രയം എന്തായിരിക്കും ദ്രവ്യമാകാനേ വഴിയുള്ളൂ ഇപ്പോൾ അഹം ജാനാമി എന്ന് പറയുന്ന ഈ അനുഭവത്തിൽ ജ്ഞാനത്തിൻ്റെ ഒരാശ്രയം ആയിട്ട് തന്നെ ഗ്രഹിക്കുന്നു ഞാൻ ജ്ഞാനത്തിൻ്റെ ആശ്രയമായി ഗ്രഹിക്കുന്ന എന്തോ ്രവ്യമാവണം കാരണം ജ്ഞാനം ഗുണമാണ് അവരുടെ വ്യക്തി അതെന്നും ശരിയാണ് അഹം ജാനാമി എന്ന് പറയുന്ന അനുഭവത്തിൽ ജ്ഞാന ആശ്രയത്വം അനുഭവപ്പെടുന്നുണ്ട് തന്നെ അവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ജ്ഞാനം എന്ന് പറയുന്ന ഗുണമല്ല അന്ധകർണവൃത്തിയാണ് അന്ധക്കരണവൃത്തിയുടെ ആശ്രയം ആയിരിക്കുന്നതും ഒരാളുണ്ട് അതാരാണ് പ്രമാതാവ് അന്തക്കരണ വിശിഷ്ടമായ ചൈതന്യം അതാണ് പ്രമാതാവ് ആ പ്രമാതാവാണ് അവിടെ ആശ്രയമായിരിക്കുന്നത് കാരണം എന്തുകൊണ്ട് പറയുന്നു അഹം ജാനാമി അപ്പോൾ അഹമെന്നവിടെ പറയുന്നാരെ പ്രമാതാവിന് അന്തക്കരണ വിശിഷ്ടമായ ചൈതന്യത്തെയാണ് ശരിയാണ് അവിടെ ഒരു ആശ്രയ ആശ്രയ വിഭാവമുണ്ട് അത് നിങ്ങൾ പറയുന്ന പോലെ ദ്രവ്യവുമല്ല ആത്മാവുമല്ല ഒന്നുമല്ല പിന്നെയോ എന്തൊക്കെയാണ് വിശിഷ്ടമായ ആ ചൈതന്യം പ്രമാതാവ് അതാണ് പറയുന്ന അഹം ജാനാമി അപ്പൊ ജ്ഞാനത്തിന്റെ ആശ്രയമുണ്ട് പ്രമാതാവ് അനന്താദോഷം അപ്പോ അതിന്നെന്താ മനസ്സിലാക്കേണ്ടത് അനുഭവം രണ്ടു കൂട്ടർക്കും ഒരുപോലെ അഹം ജാനാമി എന്നുള്ള അനുഭവത്തിന് വ്യത്യാസമുണ്ട് പിന്നെന്താ വ്യത്യാസം അനുഭവത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് മനസിലാകുക ഈ ദാർശനികമായ ചർച്ചകളിലെല്ലാം ഇതാണ് മുഖ്യമായ വിഷയം അനുഭവത്തെ എടുത്തുകൊണ്ട് തന്നെ എല്ലാവരും സംസാരിക്കുന്നു കാര്ക്കികനായാലും പ്രാഭാകരനായാലും അദ്വൈതി ആയാലും അദ്വൈതി ആയാലും അനുഭവത്തിൽ നിന്ന് തന്നെ എല്ലാവരും സംസാരിക്കുന്നു പക്ഷെ ഓരോരുത്തരും അനുഭവത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നൊണ്ടാണ് ഇപ്പോൾ അനുഭവം എന്ന് പറയുന്ന എല്ലാവർക്കും തുല്യം തന്നെ വ്യത്യാസമൊന്നുമില്ല അനുഭവത്തെ എങ്ങനെ വിശകലനം ചെയ്യുന്നു അതനുസരിച്ചിട്ടാണ് ഈ ദർശനങ്ങളെല്ലാം മാറി മറിയുന്നത് ഒരാളുടെ ദർശനമല്ല വേറൊരാളുടേതായി മാറുന്നത് അതുകൊണ്ടാണ് അവരുടെ അനുഭവത്തെ അനുസരിച്ച് തന്നെ പറയുന്നു ഞങ്ങളുടെ വിശദീകരണം ഇതാണ് ജാനാമി എന്ന് പറയുന്ന അന്ധകരണവൃത്തി അന്ധകർണവൃത്തിയുടെ ആശ്രയം ആത്മാവെല്ലാം മറിച്ച് അറിയുന്നവനാണ് അറിവിന്റെ ആശ്രയം ആരാണോ അറിയുന്നവൻ അറിയുന്നവനാണ് പ്രമാതാവെന്ന് പറയുന്നതും ആത്മാവ് തമ്മിലെന്താ വ്യത്യാസം പറയുന്നു അന്ധക്കരണ വിശിഷ്ടമായിരിക്കുന്ന ചൈതന്യമാണ് പ്രമാതാവ് ചൈതന്യം തന്നെ നിരുപാധികമാവുമ്പോ അതിനെന്ത് പറയുന്നു ആത്മാവെന്ന് പറയും ഇവിടെ ഒരു ഉപാധിയുണ്ട് അന്ധകരണം അതെന്താണ് ആ ചൈതന്യത്തിന്റെ വിശേഷണമാണ് അത് എന്താണ് അവിടെ വിശേഷണം അന്ധകരണം അന്തക്കരണം വിശിഷ്ട ചൈതന്യമായ പ്രമാതാവിന്റെ ഇനി അവസാനം വരുമ്പോ സാക്ഷി നിരൂപണം വരുന്നിടത്ത് പ്രമാതാവ് ഇതിന്റെയൊക്കെ വ്യത്യാസങ്ങൾ പറയാം എന്റെ വ്യാഖ്യാനത്തിൽ നയനപ്രസാദിനി പറയും അപ്പോ നിങ്ങളുടെ അനുഭവം നമ്മുടെ അനുഭവം ഒന്നും എല്ലാം ഒന്നേ തന്നെ അപ്പോ അവിടെ ഞാൻ ആശ്രയത്വം വരുന്നത് പ്രമാതാവിലാണ് ജ്ഞാന ഗുണവും അല്ല പരിണാമമാണ് എന്തിൻ്റെ അതും ചിപ്രതിബിംബത്തോടു കൂടിയ അന്ധക്കരണവൃത്തി കേവലം അന്ധകരണവൃത്തിയല്ല അതുകൊണ്ട് അന്ധകരണവൃത്തി ജ്ഞാനം എന്ന് പറയുന്നു അങ്ങനെ എല്ലാത്തിനും നമുക്ക് സമാധാനമുണ്ടെന്നാണ് അദ്വൈതി പറയുന്നത് അത് പറയാൻ പറ്റില്ല ജീവാത്മാവെന്ന് പറയുമ്പോൾ എന്താണ് എല്ലാം കൂടെ ചേർന്നത് സൂക്ഷ്മശരീര അഭിമാനിയായിരിക്കുന്ന ചൈതന് അതിനകത്ത് അന്ധകരണമുണ്ട് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ പഞ്ചപ്രാണന്മാര് അന്ധകർണം ഇതിൽ അഭിമാനിയായിരിക്കുന്നവനെന്തു പറയുന്നു ജീവൻ ദേഹി എന്ന് പറയുന്നതാണ് അതു പിന്നെ സ്ഥൂല ശരീര അഭിമാനിയായും വരുന്നു സ്ഥൂല ശരീര അഭിമാനിയായാലും സൂക്ഷ്മ ശരീര അഭിമാനിയായിരുന്നാലും ദേഹിയൻ ദേവിയൻ സ്ഥൂല ശരീരം നശിച്ചാലും സൂക്ഷ്മഭിമാനിയായി തുടരുന്നു അതിൽ അന്ധകർണ എന്ന വിശേഷണത്തോടുകൂടിയിരിക്കുമ്പോൾ എന്തു പറയുന്നു അതുകൊണ്ട് പറയുന്നു ജാനാമീരിച്ച അനുഭവ അന്ധക്കരണവൃത്തി ആശ്രയം ഇവിടെ അന്ധക്കരണവൃത്തി എന്ന് പറയുന്നത് എന്തിനാ ജ്ഞാനത്തെ അതിന്റെ ആശ്രയമായ പ്രമാതൃ പ്രമാത എന്ന് പറയുന്നത് എന്തിനക്കരണ വിശിഷ്ട ചൈതന്യത്തെ പ്രമാതവിഷയത്ത പ്രമാദവിഷയത എവിടെ വരും പ്രമാദ വിഷയത്ത വിഷയത്വം അനുഭവിച്ചത് നോക്കി പറയണം വെറുതെ ഇരുന്ന് എന്തെങ്കിലും പറയരുത് അനുഭവത്തിൽ എപ്പോഴും ഷഷ്ടിയോടന്വയിക്കണം തുമ്പെ ഷഷ്ടിയോടന്വയിക്കണം വായിച്ച് മനസ്സിലാക്കി കൂടെ പോണം മതപ്രഭാഷണമല്ല വായ്പൊളിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകേണ്ടതല്ല ഇത് അതന്വയിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പോണം അനുഭവത്തിനോട് അന്വയിക്കണം അനുഭവമാതൃവിഷയത്വം അപ്പൊ വിഷയം എന്തായി അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അതിശയവും വിഷയം എന്തായി ശ്രദ്ധിച്ചതി നോക്കിയിട്ട് പറയണം ോക്കീട്ട് പറയണം അനുഭവം ഇനി അത് ഞാൻ എന്താ ചോദിച്ചത് വിഷയം ഇപ്പൊ മാത്തൊരു വിഷയം എന്തായി പ്രമാരു വിഷയതാ അനുഭവിച്ചില്ലെങ്കിൽ അത് സമ്മതിച്ചത് പ്രമാർ വിഷയം എന്തായാലും വിഷയം എന്താണെന്ന് ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചതിൽ കൂട്ടുകയും ചെയ്തു കുറക്കുകയും ചെയ്തു ഞാൻ ചോദിച്ചതിൽ നിങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് പിന്നെ ഉത്തരം പറയണ്ട ചോദിച്ച ഉത്തരം പറഞ്ഞു വിഷയം എന്താണ് ഒന്നും അനുസരിച്ചാ പറയാം അങ്ങനെ പറയുന്നതിനുള്ള അടിസ്ഥാനമായ അറിവ് നിങ്ങൾക്കുണ്ട് ശ്രദ്ധ കുറവ് മാത്രമാണ് ഒന്ന് മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്താ പറയാ അതായത് ഒരു ഭയങ്കര സംഭവം ഒന്നുമില്ല അസാധ്യമായ സംഭവമൊന്നും നിസ്സാര കാര്യമാണ് വെറുതെ എറിഞ്ഞു നോക്കരുത് ഉറപ്പുണ്ടായി പറയുക ഞാൻ ഒന്നുകൂടെ പ്രമാദാണ് വിഷയം എ അന്യപദാർത്ഥം എന്താണ് പ്രമാദ വിഷയോ എ അന്യപദാർത്ഥ പ്രമാതാവ് സി അന്യ പദാർത്ഥം എന്താണോ അനുഭവം അനുഭവം പ്രമാതാവ് വിഷയമായിരിക്കുന്നതിനാണോ അതായെന്ത് അനുഭവം ഞാൻ ചോദിച്ച വിഷയം എന്താണെന്ന് അനുഭവ പ്രമാതാവിട്ട് വിഷയമാണെന്ന് പറയാലോ അനുഭവ പ്രമാതാവിട്ട് വിഷയമാണെന്ന് പറയാലോ ഇവിടെ നേരത്തെ എന്താണ് അനുഭവം അത് തന്നെ പ്രമായോ യസ് അന്യ പദാർത്ഥം അനുഭവം അപ്പം വിഷയമാകും നേരെ പ്രമാദ നേരത്തെ ചോദിച്ചെന്താണ് അഹം ജാനാമി എന്ന് പറയുന്ന ആ ജ്ഞാനത്തിന്റെ വിഷയം എന്താണ് അപ്പം പറഞ്ഞ അഹം ജാനാമി എന്ന് പറയുന്ന ജ്ഞാനത്തിന്റെ വിഷയമായിരിക്കുന്നത് ദ്രവ്യമായ ആത്മാവ് എന്നാണ് പൂർവക്ഷി പറഞ്ഞത് സിദ്ധാന്തി പറയുന്ന എന്താ അഹം ജാനാമി എന്നതിൽ നിന്ന് ഒരു അന്ധക്കരണ വൃത്തിയായതുകൊണ്ട് അതിന്റെ വിഷയമായിരിക്കുന്നത് പ്രമാതാവാണ് ദ്രവ്യമായ ആത്മാവ് അല്ല അപ്പൊ അഹം ജാനാമി എന്ന് പറയുന്ന അനുഭവത്തിന്റെ വിഷയത്തെ സംബന്ധിച്ചാണ് അവിടെ ചർച്ച എന്താണ് അതിന്റെ വിഷയം അതിന്റെ വിഷയം എന്ന് പറഞ്ഞാലും അതിന്റെ ആശ്രയം എന്ന് പറഞ്ഞാലും അതിന്റെ ആശ്രയത്തെ കുറിച്ച് വിഷയവും അത് തന്നെ പ്രമാതാവിനെ ആശ്രയിച്ചിട്ടാണ് അനുഭവം ഉണ്ടാകുന്നത് അഹം ജാനാമി എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിന് വിഷയം വേറെ ആരെങ്കിലും ഉണ്ടോ ഘടമഹം ജാനാമി എന്ന് പറയുകയാണെങ്കിൽ ജ്ഞാനത്തിന്റെ വിഷയം എന്താവും ഘടമാവും അഹം ജാനാമി എന്ന് പറയുമ്പം എന്തിനെ അറിയുന്നു തന്നെ അറിയുന്നു തന്നെ അറിയുന്നില്ലേ എന്തിനാ ജ്ഞാനത്തിന്റെ ആശ്രയമായിട്ട് അപ്പം അതെന്താണ് പ്രമാതാവ് ജ്ഞാനത്തിൻ്റെ ആശ്രയമായിരിക്കുന്നതും ജ്ഞാനത്തിൻ്റെ വിഷയമായിരിക്കുന്നതും അഹം ജ്ഞാനാമി എന്ന് പറയുമ്പോൾ ആരെയറിയുന്നു എന്ന് വെച്ചാൽ എന്ത് പറയും തന്നെ അറിയുന്നു അപ്പം താനാരാണോ അതുകൂടെ പറയുന്നു അല്ല നേരത്തെ ആലംബനം എന്ന് പറഞ്ഞു ആലംബനം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥവും വരാം എന്താണ് താർക്കീന്മാരും പറയുന്നത് എന്താണ് അഹം എന്നുള്ള അനുഭവത്തിലൂടെ ആത്മാവിനെ അറിയുന്നു ആത്മാവിന് വിഷയത്വം എന്ന് പറയും താർക്കീയന്മാരിൽ വൈശേഷികന്മാരാണ് അതിന്റെ പ്രധാന അത് ിയാണ് പ്രമാതൃ വിഷയത്വം വന്നു ഇവിടെ അനുഭവത്തിൽ അന്യപദാർത്ഥമായത് പ്രമാതൃ വിഷയമായി ഇരിക്കുന്ന അനുഭവത്തിന് അപ്പൊ അനുഭവത്തിന്റെ വിഷയം എന്തായി അതാ ചോദിച്ച വിഷയം എന്താണ് വിഷയം എന്താണെന്ന് ചോദിച്ചതാണ് പ്രമാതാവിന്റെ വിഷയം നേർ ഏ പ്രേ ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്ഞാനത്തിന്റെ വിഷയം എന്തെന്നുള്ളതാണ് ജ്ഞാനത്തിന്റെ വിഷയം എന്ത് അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ ആശ്രയം എന്ത് അതാണ് അല്ല പ്രമാതാവിന്റെ വിഷയം എന്നുള്ള ഒരു ചോദ്യം വന്നിട്ടില്ല ഇവിടെ ആണോ അനുഭവസ്യ അന്ധക്കരണവൃത്തി ആശ്രയ അവിടെ പറഞ്ഞു അത് ആശ്രയമാണെന്ന് പറഞ്ഞു എന്തുകൊണ്ട് അന്ധക്കരണവൃത്തി ആശ്രയം അവിടെ ആശ്രയം എന്താണ് ആണോ അന്ധക്കരണവൃത്തി ആശ്രയം വൃത്തി അങ്ങനെ ആ ഉണ്ടാക്കുന്ന വൃത്തിയുടെ ആശ്രയം ആശ്രയമായ പ്രമാതാവ് ആ പ്രമാതാവ് വിഷയമായിരിക്കുന്നു എന്തിന് അനുഭവ അതുകൊണ്ട് ആ പ്രശ്നം ഞാൻ പരിഹരിച്ചു കഴിഞ്ഞു എന്താണോ ഇവിടെ പ്രമാതാവാണ് ആ അനുഭവത്തിന് വിഷയമായിരിക്കുന്നത് അതുതന്നെയാണ് ആശ്രയമായിരിക്കുന്നത് അന്ധക്കരണവൃത്തിയിൽ ആശ്രയമായിരിക്കുന്നത് ഇനി അതിനെക്കുറിച്ച് അർച്ച വരും വിഷയത്വം ആശ്രയത്വം എങ്ങനെ വരുന്നുണ്ടല്ല വിജ്ഞാനമാനന്ദം ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മഘന ഏവ ഇത്യാദി ശ്രുതിഭ്യ ആത്മന ശത്രുപത്വനെ ഇതുവരെ അനുമാനത്തിലായിരുന്നു അഭ്യാസം എങ്ങനെയായിരുന്നു പാട്ട് തുടങ്ങിയത് ശദ്രൂപത്വ ശ്രൂപത്വ ചിത്രൂപത്വ ഹേതു കൊണ്ട് ഞാനും ആത്മാവാണെന്ന് ശ്രദ്ധിക്കുകയാണ് ഞാനും സ്വയം പ്രകാശമാണ് നേരിട്ട് സിദ്ധിച്ചു അത് ആത്മാവാണെന്ന് ശ്രദ്ധിക്കുന്നു ഞാനും ശത്രുവമാണ് അതുകൊണ്ട് അത് ആത്മാവാണോ ചിദ്രൂപത്വന്ന് പറയുന്ന ഇനി ശ്രുതി ഉണ്ട് പറയുന്നു അവിടെ തന്നെ അതെന്താണ് ശ്രുതി എന്തിനാണ് ആത്മാശത് രൂപമാണെന്നുള്ള ആത്മാവ് ശത്രുപമാണോ അതിനാണ് പറയുന്നത് വിജ്ഞാനമാനന്ദം ബ്രഹ്മ അവിടെ വിജ്ഞാനം എന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മത്തിനെ വിശേഷിപ്പിച്ചു പ്രജ്ഞാനം ബ്രഹ്മ അവിടെ പ്രജ്ഞാനം എന്ന് പറയുന്നുണ്ട് പിന്നെ ജ്ഞാനഘന ശ്രുതിഭ്യസിച്ച ആത്മനഹ ചിത്രൂപത്തെ ശ്രുതി ഈ ശ്രുതികൾ കൊണ്ട് എന്താണ് ആത്മാവ് ചത്രുപമാണെന്ന് ശ്രദ്ധിച്ചു അപ്പൊ പിന്നെ എളുപ്പമായി അതുകൊണ്ട് ജ്ഞാനം ആത്മാവ് തന്നെ ആത്മാവ് ചിത്താണെങ്കിൽ ചിത്താത്മാവ് തന്നെ ചിത്തം എന്ന് പറഞ്ഞാൽ ജ്ഞാനം മനസ്സിലായോ ആത്മാവ് ചിത്താണെങ്കിൽ ആത്മാവ് ചിത്താണെങ്കിൽ ചിത്ത് ആത്മാവിന് സമം സമം എന്നുവെച്ചാ അധികരണപരതയാ ജ്ഞാനശബ്ദോ യോജ്യ അവിടെ കർണ അധികരണയോ ലുട്ടിച്ച എന്നാണ് ലുട്ടിച്ച എന്ന് പറയുന്നത് കർണ അധികരണ അധികാരത്തിലാണോ ഞാൻ അത് പോരെങ്കിൽ വേറെ കൊണ്ട് എന്താണ് കൃത്യ ലുഡോ ബഹുളം ലോട്ട് ബഹുളമായി പ്രയോഗിക്കാം പിന്നെ കരുണാധികരണാർത്ഥത്തിൽ ലോട്ട് പ്രയോഗിക്കാമെന്ന് പറഞ്ഞു കൃത്യ ലുഡോ ബഹുളോ എന്നും പറഞ്ഞിരിക്കുന്നു അപ്പോ അസ്മിൻ ജ്ഞാനം അധികരണാർത്ഥം കൊടുക്കുക എവിടെയാണോ അറിവ് ഉള്ളത് എവിടെയാണോ അറിവ് നിലനിൽക്കുന്നത് അതാണ് ജ്ഞാനം അപ്പം ജ്ഞാനത്തിൻ്റെ അധികരണം അധികരണാർത്ഥത്തിലോട്ട് വിരിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ജ്ഞാനം ഗുണവുമാകും അധികരണം ദ്രവീയവുമാകും എവിടെയാണോ ജ്ഞാനം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്തായി ഗുണം അധികരണം ആത്മാവ് രണ്ടാക്ക എന്നുവെച്ചാ അധികണപരതയാ ജ്ഞാന ശബ്ദയോ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയ പാടെ വിഗ്രഹിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അദ്വൈതശ്രുതി വിരോധ അദ്വൈതശ്രുതിക്ക് വിജ്ഞാനം ആനന്ദം ബ്രഹ്മ തുടങ്ങിയ അദ്വൈതശ്രുതിക്ക് വിരോധം അവിടെയൊക്കെ അഭേദമായി പറഞ്ഞിരിക്കുകയാണ് എന്താണ് ജ്ഞാനം തന്നെയാണ് ബ്രഹ്മ വിജ്ഞാനം തന്നെയാണ് ബ്രഹ്മ ജ്ഞാനഘനമാണ് ബ്രഹ്മ അഭേദമായി പറഞ്ഞിരിക്കുന്നിടത്ത് അതിനൊട്ടും പരിഗണിക്കാതെ നിങ്ങൾ അധികരണാർത്ഥത്തിൽ പറഞ്ഞിട്ട് ജ്ഞാനം ജ്ഞാനാധികരണ ആത്മ താർക്കീയമായ രേഖ എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല ശ്രുതിക്ക് വിരോധം വരും ശ്രുതി അവർ സ്വീകരിക്കുന്നുണ്ട് ഇതിനെന്ത് സമാനം പറയും ജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞിരിക്കുന്നുള്ളത് അവിടെ ജ്ഞാനാധികത് അതേ അദ്വൈതശ്രുതി വിരോധാത് അദ്വൈതൃതിക്ക് തസ്മാത് സാധുക്തം ചിദ്രൂപത്വാ അതുകൊണ്ട് ആദ്യത്തെ ഹേതു ചിദ്രൂപത്വാത് അകർമ്മത്വ സ്വയം ജ്യോതിരിശ്രുദേഹേ ജ്ഞാനാത്മാവാണെന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയത്തില്ല ആദ്യത്തെ യുക്തി കഴിഞ്ഞു ആദ്യത്തെ ഹേതുവിന്റെ ചർച്ച കഴിഞ്ഞ് ഇവിടെ ആത്മാ്രുവ സംകർമ്മ മന്ത്രേണപരോക്ഷത്വ പ്രഭാകര ശിഷ്യന്മാർക്ക് യോജിച്ച വരുമാനവും ഘടകജ്ഞാനോഗാനക്കിയന് യോജിച്ച രണ്ടനുമാനവും പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അങ്ങനെ തുടങ്ങിയതിന് ശേഷം പിന്നെ ശ്രുതിയിലേക്ക് വന്നു അത് ജ്യോതിബ്രാഹ്മണവും മൈത്രേ ബ്രാഹ്മണവും രണ്ടിലും പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് ജ്ഞാനം ആത്മാവാണ് എന്ന് പറഞ്ഞു അപ്പോ ആണ് താർക്കികൻ ജ്ഞാനം ഗുണമാണെന്നുള്ളതിനുമാനം കൊണ്ടുപോകുന്നു അതിനനുസരിച്ചു അങ്ങനെ അനുമാനം നടത്താനൊന്നും പറ്റത്തില്ല നിങ്ങൾ എന്തെങ്കിലും അനുമാനം നടത്തിയാൽ സപ്രതിപക്ഷം വരും പിന്നെ ഞാൻ ആത്മനോസംബന്ധാനാത്മനിഷ്ഠ എന്ന് പറയുന്നതിൽ എന്ത് ദോഷം വരുന്നു ആശ്രയാസക്തി വരുന്നു അതുകൊണ്ട് അവസാന ശ്രുതിശരണം ശ്രുതി അനുസരിച്ചും ആത്മാവ് ജ്ഞാനമാണ് ആത്മാവ് അടുത്ത രണ്ടാമത്തേതു അകർമ്മത്വ ആത്മനാഭസ്വപ്രകാശത്വം ഇത് മുമ്പോട്ട് പോകുമ്പോൾ പഴയത് മറന്നു പോകാൻ പാടില്ല അതുകൂടെ ഓർത്തിരിക്കണം അകർമ്മത്വം എന്ന് പറയുന്ന ഹേതു ഉപയോഗിച്ചും ആത്മാവിൻ്റെ സ്വപ്രകാശത്വത്തെ സമർത്ഥിക്കാം എന്നാ ആത്മാവ് സുപ്രകാശമാണെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ജ്ഞാനമാണെന്ന് വരും എന്റെ ഗുണം വേദ്യത്തെ സ്വാശ്രയ ജ്ഞാനവിഷേദയാ കർമ്മകർത്തൃഭാവ വിരോധ പ്രസംഗ കർമ്മകർത്തൃദോ നേരത്തെ പറഞ്ഞാണ് രാമ ഇവിടെരുന്നുമ ഗശ്രയത്വേന രാമ കർത്താമപ്രാപ്തിരൂപ കർമാശ്രയത്വേന കർമ്മ അതുകൊണ്ട് അവിടെ കർമ്മകർത്തൃദോഷമില്ല കർമ്മവും കർത്താവും ഒരാളാകുന്നില്ല ഇപ്പോൾ അവിടെ ക്രിയാശ്രയവും ഫലാശ്രയവും രണ്ടും പേരെയാവണം വേറെയാണ് അതുകൊണ്ടാണ് ഒന്നിനെ കർത്താവെന്നും മാറ്റുന്ന കർമ്മമെന്നും പറയേണ്ടത് വളരെ പ്രത്യക്ഷമായൊരു വ്യത്യാസമാണ് ക്രിയയുടെ ആശ്രയമായിരിക്കും കർത്താവ് ഫലത്തിന്റെ ആശ്രയം കർമ്മം അങ്ങനെയാ വരുന്നത് സാറിന് വിരോധം വരാൻ പാടില്ല ആത്മാവ് അകർമ്മമാണ് എന്തുകൊണ്ട് ആത്മാവ് വേദ്യമായി കഴിഞ്ഞാൽ അത് കർമ്മമാവും അപ്പോ ഞാൻ ആശ്രയത്വനു കർത്താവും ജ്ഞാന വിഷയത്വനു കർമ്മവും ഒന്ന് തന്നെയാവും ഞാൻ ആശ്രയത്വം വരുന്നതിൽ ജ്ഞാന വിഷയത്വം വന്നു കഴിഞ്ഞാൽ കർത്താവും കർമ്മവും ഒന്നാവും അപ്പോൾ ജ്ഞാനവിഷയത്വ രൂപത്തിലുള്ള കർമ്മത്വം ആത്മാവിന് വരാൻ പാടില്ല അതാണ് അടുത്ത് പറയുന്നു